ശരാചാര്യ ശം പായണം വന്ദേവുനഃ സദാശിവസമാരംഭം ശങ്കചാര്യമധ്യമം അസ്മദാചാര്യപര്യതേ ഗുരുപരംപരം ചല്യണം അനന്തമാത്മജം സച്ചിദാനന്തമാത്മജം സിദാനന്തഗുരു നമ്മള് ഒട്ടേറെ മരുന്നുകളിലൂടെ കടന്നുപോയി എന്നാണെ ഓർമ്മ അല്ലേ ഇങ്ങനെ അറുപതി കൂടുതൽ മരുന്നുകളായും തോന്നും ഇത്രയധികം മരുന്നുകൾ വളരെ പ്രാചീന കാലം മുതൽ കേരളീയ കുടുംബങ്ങളിൽ അർബുദ സംബന്ധിയായ ചികിത്സയ്ക്ക് ഉപയോഗിച്ചിരുന്നു എന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് വിഷമമുണ്ടാകുന്ന വിധമാണ് കണ്ടിടത്തോളം ശരിയായിരിക്കും കാരണം പൂർവികർ ഒന്ന് ഇത്രയധികം മരുന്നുകൾ പ്രചുര പ്രചാരത്തിൽ എത്തുകയും വീടുകളിൽ തന്നെ ഇവയെ കുറിച്ച് അറിവുണ്ടാവുകയും അവനവന്റെ ആവശ്യത്തിന് വീട്ടിൽ തന്നെ മരുന്നുകൾ സംഘടിപ്പിക്കുക എന്തെല്ലാം കാര്യങ്ങൾ അറിയണമെന്ന് ആദ്യം ആലോചിക്കണം ഫാർമകോളജി ഫാർമ കോഗ്നോസി ഫാർമസി മൂന്നിലുമുള്ള പാണ്ഡിത്യം ജനങ്ങൾക്കുണ്ടായില്ല പടിപടിയായ നൂറുകൊല്ലത്തെ വിദ്യാഭ്യാസം കൊണ്ട് ജനജീവിതത്തിൽ നിന്ന് ഈ അറിവ് നിങ്ങളുടെ നേതാക്കന്മാരും ആക്ടിവിസ്റ്റുകളും മാധ്യമങ്ങളും ഒക്കെ സശ്രദ്ധ ശ്രമിച്ചു അത്രയും വലിയൊരു ഉപകാരമാണ് ആകെ നിങ്ങളുടെ നേതാക്കന്മാരെ കൊണ്ടും ആക്ടിവിസ്റ്റുകളെ കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും കിട്ടിയത് എന്നാൽ ഇത് പഠിക്കാൻ പോയാൽ നിങ്ങൾ പഠിച്ചോ അതുമില്ല മറിച്ച് ഇതിനാവശ്യമായ പാത്രങ്ങൾ കയ്യിൽ കിട്ടുന്ന പാത്രങ്ങൾ എടുത്ത് ഉണ്ടാക്കാനാവില്ല വിപരീതമായി ഉപദ്രവങ്ങൾ ഉണ്ടാക്കാവുന്ന ഒട്ടേറെ പാത്രങ്ങളുണ്ട് ആയുർവേദം അവയെക്കുറിച്ച് വളരെ നിഷ്കർഷയോടെ പഠിച്ചിട്ടുണ്ടെന്ന് നമ്മൾ ഇങ്ങോട്ട് മാറി ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് അവയത്തിൻ്റെ ആദ്യ സ്ഥലത്തിരുന്ന് ക്ലാസ് എടുത്തപ്പോൾ കുറഞ്ഞത് ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് കാലം ദേശം ദ്രവ്യം പാത്രം ഇവയൊക്കെ സൂക്ഷിക്കേണ്ടതാണ് മരുന്ന് പഠിച്ചെടുക്കാവുന്ന കാലം മരുന്ന് സ്വീകരിക്കാവുന്ന ദേശം മരുന്ന് ഏത് പാത്രത്തിൽ വെക്കാമെന്നുള്ളത് ഇത് നമ്മൾ വളരെ ഡീറ്റെയിൽഡായിട്ട് നേരത്തെ പഠിച്ചതും ഓർക്കണം അതിനനുഗുണമായി പാത്രങ്ങൾ പത്രങ്ങൾ ഉണ്ടാക്കി വെച്ചപ്പോ ഔഷധം തിരിച്ചറിയണം ഔഷധത്തിന്റെ യോഗ്യ ഭാഗം അറിയണം വേരാണോ ഇലയാണോ കണ്ടാണോ പൂവാണോ കായാണോ എന്നാവ ഒന്നുമില്ല ഔഷധം കണ്ടാൽ തിരിച്ചറിയുന്നവരും നന്നായി കുറവാണ് ഇന്നാണ് കൂടുതൽ പഠിക്കുന്നതാണ് വൈപ്പ് ഇന്നാണ് തിരിച്ചറിയാൻ അറിയാ പറ്റാത്തത് നിങ്ങൾ സമ്മതിക്കോന്ന് എനിക്കറിയില്ല സമ്മതിക്കുന്നത് യാഥാർത്ഥ്യം നോക്കിട്ടില്ല നിങ്ങളുടെ ഒരു ഈഗോ എന്നുള്ളതല്ല അച്ഛനമ്മമാരുടെ ജീവിത രീതിയും പണവും മുടക്കും ഗവൺമെന്റിന്റെ ഇതിന്മേലുള്ള അഭിമാനവും ഒക്കെ നോക്കിയാണ് നിങ്ങൾ സമ്മതിക്കുന്നത് അല്ല വസ്തുതകളോട് പ്രതികരിക്കുവാനും സമ്മതിക്കുവാനും അല്ല ഈഗോ അത് മാറ്റിവെച്ച് അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യുമെങ്കിൽ ഇന്ന് സത്യൌഷങ്ങളെ തിരിച്ചറിയുന്നവരുടെ എണ്ണം നമ്മേ കുറവാണ് അതിൻ്റെ യുക്തഭാഗങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണകൾ ഇന്നില്ല അവരുണ്ടാക്കുന്നതിന് ഉപയോഗിക്കേണ്ട പാത്രങ്ങൾ അതിന് വേണ്ടുന്ന മാനങ്ങൾ അളവുകൾ തൂക്കങ്ങൾ ഇവയെക്കുറിച്ചൊന്നും വ്യക്തതയുള്ള ധാരണകളില്ലെന്നാണ് എന്റെ വിശ്വാസം ഈ ധാരണകളെല്ലാം വീട്ടിൽ ഉണ്ടായിരിക്കുക എന്ന് ശാസ്ത്രം എത്ര പഠിക്കൂരവരെ എത്തണം നിങ്ങളുടെ യൂണിവേഴ്സിറ്റികളും നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ആറ്റും നിങ്ങളുടെ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും ഇവിടുത്തെ അറിവിനെ തമസ്കരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ അറിവിലേക്ക് സംഭാവനകൾ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഞാൻ പദ്ധതി ഏതാണ്ട് അറുപതിൽ പരം യോഗ ഔഷധങ്ങൾ ക്യാൻസർ എന്ന ഒരു രോഗത്തിന് മാത്രമായി നാം കണ്ടു ക്യാൻസറിന്റെ വിവിധ മേഖലകളെയും അതിൻ്റെ നിദാനത്തെയും പറ്റി നമ്മള് പത്ത് അറുപത് ക്ലാസ്സിൽ കൂടുതലായെന്നാണ് എൻ്റെ ധാരണ എന്നാണെൻ്റെ ഒരു ധാരണ റിയില്ല ഏതായാലും മൂന്ന് കൊല്ലത്തി കൂടുതലായി അപ്പൊ അഞ്ചു കൊല്ലായി രണ്ടരഞ്ച് അറുപത് ക്ലാസ് ആയി ഇതൊമ്പതാ ആറാ മൂന്നോ പത്ത് മൂന്ന് ക്ലാസ് ആയി മുപ്പത്താറ് ക്ലാസ് എന്ന് പറഞ്ഞാൽ എഴുപത്തിരണ്ട് മണിക്കൂറായി ഇവയെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ പ്രാചീന ജനതയ്ക്ക് പഠിപ്പുള്ളവൻ ചോദ്യം ചോദിക്കുന്നത് അന്നിവയെ കുറിച്ച് ചെറുതെങ്കിലും ഒരറിവും കേട്ട് കേൾക്കാൻ പോലും ഉണ്ടോന്നായിരിക്കുന്നത് ക്യാൻസറൊക്കെ ഇന്നല്ലേ കണ്ടുപിടിച്ചത് ഇപ്പോഴല്ലേ എന്റെ വന്നത് എന്ന മട്ടിലായിരിക്കുന്നത് അവയെ കണ്ടുപിടിക്കുകയും വർഗീകരിക്കുകയും അവയുടെ ഓരോ പ്രത്യേകതകളെ പറ്റി പഠിക്കുകയും അവയ്ക്കുള്ള വിവിധങ്ങളായ മരുന്നുകളെ കണ്ടെത്തുകയും ആ മരുന്നുകൾ കൊണ്ട് രോഗത്തെ നിയന്ത്രിക്കണത്തിൽ എത്തിക്കുകയും ചെയ്ത കാലം നിലനിന്നത് കൊണ്ടാണ് ആധുനിക വിദ്യാഭ്യാസവും വികാസവും വന്നതിന് മാത്രമാണ് ജനജീവിതത്തെ ക്യാൻസർ കാണുന്നതിനാൽ പ്രാചീന ഔഷധങ്ങൾ പൂർണ്ണമായൊരു ജനത മറന്നു കഴിഞ്ഞിട്ട് മാത്രമാണ് ക്യാൻസർ വികസിക്കാൻ തുടങ്ങിയത് ഒന്ന് എല്ലാ ചികിത്സയിലും പോലെ രോഗം വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള മുൻകരുതലുകൾ അത് പാടെ തട്ടിക്കളഞ്ഞത് നിങ്ങൾ വിദ്യാഭ്യാസമുള്ളവരാണ് രോഗം വന്നാൽ ചികിത്സിക്കുക ഇന്ന് ആയുർവേദം എന്ന് പറയുന്നത് പോലും രോഗം വന്നാൽ ചികിത്സിക്കാനുള്ളതല്ല രോഗമില്ലാത്തവനെ ചികിത്സിക്കാനുള്ളതാണ് അതിൽ പുതിയ പേരുണ്ട് സുഖ ചികിത്സ എന്ന് പറയുന്നത് രോഗത്തിനാണ് സുഖത്തിൽ ചികിത്സയില്ല സുഖായുവും ദുഃഖായുവുണ്ട് ഹിതായുവും അഹിതായുവുണ്ട് മുട്ടിന് മുട്ടിന് സുഖ ചികിത്സാ കേന്ദ്രങ്ങളാണ് കിടത്തി കൊടുത്താൽ പിന്നെ മറ്റവരെ ചികിത്സിച്ചോളൂ ശരിയല്ല നിങ്ങളൊരുമാതിരി ക്രിട്ടിക്കലായിട്ട് തന്നെ ഓർമ്മിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞത് ശരിയല്ല സുഖമുള്ളവന് ശ ശാസ്ത്രം ചികിത്സ പറഞ്ഞിട്ടില്ല അത് ആയുർവേദമല്ല പഞ്ചകർമ്മ സുഖമുള്ളവന് വേണ്ടിയുള്ളതല്ല പഞ്ചകർമ്മ ഹേതുവിപരീത ചികിത്സയാണ് ഹേതുക്കളെ വിപരീതമാക്കുന്നത് ഹേതുവിൽ വ്യത്യാസം വരുമ്പോഴാണ് അപ്പോൾ അടിസ്ഥാന ചികിത്സയാണ് ആയുർവേദത്തിൻ്റെ അത് രോഗികൾക്കുള്ളതാണ് രജിധാർമ്മ കാരണമാണ് പഞ്ചകർമ്മ സുഖചികിത്സയാണെന്ന് തോന്നുന്നത് പാശ്ചാത്യ നാടുകളിൽ സുഖമുള്ളവർക്ക് മേൽ നടത്തിയിരുന്ന ചില സുഖം കൊടുക്കാനുള്ള പദ്ധതികളെ ഇന്ത്യയിലേക്ക് ആവാഹിച്ചു കൊണ്ടുവന്നപ്പോൾ ഇന്ത്യയിൽ നിലനിന്നു പോകുന്ന ഹേതുവിരീത ചികിത്സ ഇതാണെന്ന് അറിവില്ലാത്തത് കൊണ്ട് തെറ്റിദ്ധരിച്ച് ആരോഗ്യവും കിട്ടികൾ കാട്ടിക്കൂട്ടിയതായിരുന്നു അത് ടൂറിസത്തിന്റെയും സെക്സിന്റെയും ഒക്കെ ബാക്കി പത്രമാണ് അതവിടെ വിടുന്നതാണ് എനിക്കും നിങ്ങൾക്കും പാഷാശുദ്ധിക്ക് നന്ദ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും കുറച്ച് ചാണകം കൊണ്ട് വെച്ചിട്ട് വർധമാനം പറഞ്ഞില്ലെങ്കിൽ പിന്നെ വാഗുലിക്കുഴിഞ്ഞില്ലെങ്കിൽ ശുദ്ധമാവില്ല അതിനാഹാരക്രമമാണ് ദിനചര്യയും ഋതുചര്യയും പോലെ പ്രതുചര്യയുടെ ഭാഗമായി ചെയ്യുന്നതാണ് അതിന് ചികിത്സ നല്ലത് രോഗിക്ക് ചികിത്സയുള്ളൂ അതിനാതു വൃത്തവും സ്വസ്ഥന രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾക്ക് സ്വസ്ഥവൃത്തവും സ്വസ്ഥവൃത്തത്തിൽ സ്വസ്ഥമായ ജീവിതക്രമമാണ് അത് പഞ്ചകർമ്മയല്ല രോഗമില്ലാത്തവന് പഞ്ചകർമ്മയൊന്നുമില്ല സുഖായുവിന് ചികിത്സ പറഞ്ഞിട്ടില്ല അതിന് രോഗ നിരോധനം പറഞ്ഞിട്ടുണ്ട് അത് ചികിത്സ കൊണ്ടല്ല ഇന്ന രോഗം വരാതിരിക്കാൻ ചികിത്സ പറഞ്ഞിട്ടുള്ളത് ആധുനിക വൈദ്യശാസ്ത്രത്തിലാണ് അവ രോഗം വരാനുള്ള മുൻകരുതൽ പറഞ്ഞതെങ്കിൽ ആയിരം രോഗങ്ങൾ ആവിർഭവിക്കാനുള്ളതാണ് വാക്സിനേഷനിൽ ഉപയോഗിക്കുന്നത് ആരോഗ്യവാനായ ഒരുവന്റെ ശരീരത്തിൽ രോഗലക്ഷണങ്ങളെ പ്രതിപരിപിപ്പിക്കും അത് സുപ്തങ്ങളായി കിടന്നാൽ അനുകൂല ഭരിതസ്ഥിതിയിൽ അവയുണ്ടാകാനുള്ള ബീജമായി കിടക്കും അതുതന്നെയാണ് ഹോമിയോപ്പതി സമം സമയന ശാമ്യതി എന്ന് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഈ രോഗമൊക്കെ വരാതിരിക്കാൻ ഹോമിയോപ്പതിയിലെ വരുന്ന രോഗം ഇല്ലാത്തവനെ ഞാൻ പ്പിച്ച നേരത്തെ പോലെ എന്താ ഹോമിയോ ഡോക്ടർമാർ അങ്ങനെ കഴിപ്പിക്കാത്ത ഹോമിയോ ഡോക്ടർ തന്നെയാണല്ലോ അപ്പം നാട്ടിൽ എല്ലാ രോഗത്തിൻ്റെയും കൂടെ വലുത് കുപ്പിപ്പടി എല്ലാം കഴിച്ചു ഒരു രോഗവും വരികയെന്ന് പറയാൻ പാടില്ല ില്ല രോഗം പ്രിവെന്റ് ചെയ്യുന്നതിന് അല്ല ഔഷധം എപ്പോഴും കടിച്ചു കഴിഞ്ഞ് വാക്സിനേഷൻ എടുക്കുന്നത് മനസ്സിലാക്കാം ഇനി ആരെങ്കിലും കടിച്ചാൽ പരിക്കാതിരിക്കാൻ നേരത്തെ വാക്സിനേഷൻ എടുക്കുന്നത് കഴിക്കാതെ തന്നെ അതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായാൽ പര്യാപ്തമാണ് കൂടുകയ ഇമ്മ്യൂണിറ്റിയെ കുറിച്ചുള്ള ടോക്സിൻസ് രൂപാന്തരം കൂടുകയുള്ളൂ എന്ന് പറയുന്ന സൈറ്റ് അറിയാത്തതുകൊണ്ടാണ് മനുഷ്യ ശരീരത്തിലേക്ക് കടന്നു ഇല്ലെന്ന ഏത് വിഷവും തന്നിൽ നിന്നുണ്ടാക്കുന്ന ഒരു വിഷത്തെ ശക്തിപ്പെടുത്തുവാൻ സഹായിക്കുകയും ഇമ്മ്യൂൺ സിസ്റ്റം താറുമാറാവുകയും വാക്സിനേഷൻ എടുത്തവരുടെ കുട്ടികൾക്ക് ജനിതകങ്ങളായ ഒരുപാട് മാറ്റങ്ങളാണ് കണ്ടുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾക്ക് ശേഷമാണ് വാക്സിനേഷന്റെ പലരൂപങ്ങൾ രംഗത്ത് പോപ്പുലറായി വന്നത് അതിനു ശേഷം മാത്രമാണ് ആവിർഭാവം കൂടുതലായി വന്നതും ഒട്ടേറെ രോഗികളെ സൃഷ്ടിച്ചെടുത്തതും വരുന്ന തലമുറയിലേക്ക് പഠിച്ചു വരുന്നവർക്ക് മുഴുവൻ ചികിത്സിക്കാനുള്ള ആളുകളെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു കച്ചവട സാങ്കേതികത്വത്തിന്റെ ബാക്കിപത്രമായിരുന്നു അതെന്ന് ഒരു ബുദ്ധിജീവിക്ക് ഒരു പ്രാവശ്യം നോക്കിയാൽ അവന് ഗവേഷണ പഠിത്തമുണ്ടെങ്കിൽ ബോധ്യമാവും ഞാൻ ഇൻഡിവിഡ്വലായിട്ട് ഒന്നിന്റെയും കാര്യം പറയുന്നില്ല കാരണം എല്ലാ വാക്സിനേഷന്റെയും സൈഡ് എഫക്ട്സ് ആണ് ഗളിൻ ബാരി സിംസോം വാക്സിനേഷൻ്റെ സൈഡ് എഫക്റ്റ് ആണെങ്കിൽ വാക്സിനേഷൻ കഴിഞ്ഞൊരു വീട്ടിൽ ഒരു കുട്ടിയുടെ വാക്സിനേഷൻ കഴിഞ്ഞൊരു വീട്ടിൽ കുട്ടിയുടെ വസ്ത്രം നനയ്ക്കുമ്പോൾ കുട്ടിയെ ശൗജം ചെയ്യിപ്പിക്കുമ്പോൾ ആ ജലമോ മറ്റുള്ളവ ഏതെങ്കിലും തരത്തിൽ കുട്ടിയിൽ നിന്ന് പോകുന്ന ആ സ്ഥിരം അല്പമായി മറ്റൊരാളുടെ ശരീരത്തിലെത്തിയാൽ അത് പോളിയോയ്ക്ക് സമാനമായ കെല്ലിൻ വാല്യോ സിൻഡ്രോമിന്റെ ലക്ഷണം കാണിക്കും എന്ന് പറഞ്ഞാൽ ഈ വാക്സിനേഷനുകൾ കൊണ്ട് മലമൂത്രങ്ങൾ മുഴുവൻ പ്ലോസറ്റുകളിലും മറ്റുള്ളിടത്തുമായി വ്യാപിച്ച് കിടക്കുമ്പോൾ ഇവയെല്ലാം കിണറ്റിലേക്കും മറ്റുള്ളിടത്തേക്കും വ്യാപിച്ചു വരുമ്പോൾ വരുന്ന തലമുറയെ മുഴുവൻ മാരകമായ രോഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഓരോ തവണയും ലക്ഷക്കണക്കിന് ആളുകളെ പഠിപ്പിച്ചിറക്കുമ്പോൾ അവർക്ക് വേണ്ടുന്ന തൊഴിൽ മുഴുവൻ സമ്പാദിക്കുന്നതിനും വേണ്ടി കൃത്യമായി കരുതി ചെയ്യുന്ന കച്ചവട സംഘങ്ങളുടെ കൃത്യമായ പദ്ധതിയാണ് എന്ന് ഒരു ഗവേഷകൻ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് നിഷേധിക്കാനൊന്നും ആവില്ല ഗവേഷണവും പ്രാക്ടീസും രണ്ട് നമുക്ക് ടെക്നീഷ്യൻസ് ആണെന്നുള്ളത് ഗവേഷകനല്ല ചികിത്സകൻ ഗവേഷണവും ചികിത്സയും ഔഷധവും രോഗിയും ഒരിടത്തായിരിക്കുകയും ഗവേഷണങ്ങളെല്ലാം പൊതുവായിട്ടുള്ളതായ സ്ഥലത്തായിരിക്കുകയും പ്രകൃതിയിൽ തന്നെ ഗവേഷണം ചെയ്യുകയും പ്രകൃതിയിൽ വെച്ച് തന്നെ ഔഷധം സൃഷ്ടിക്കുകയും പ്രകൃതിയിൽ വെച്ച് തന്നെ കൊടുക്കുകയും പ്രകൃതിയോടങ്ങി ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യന്റെ ഉത്തരവാദിത്തപൂർവ്വമായ ക്രമിക വികാസത്തിലാണ് ഭാരതീയർ വൈദ്യശാസ്ത്രത്തെ വികസിപ്പിച്ചെടുത്തത് അതിനെ ഇരുട്ടറകളിലേക്ക് മാറ്റിയും ടെസ്റ്റീവുകളിൽ പരീക്ഷിച്ചും അവയുടെ രഹസ്യങ്ങളെ രഹസ്യങ്ങളുടെ ഇരുട്ടു മുറികളിൽ കലവറകളിൽ കെട്ടിത്തളച്ചും അവ എന്താണെന്ന് മനസ്സിലാക്കാതെ ഒരു ജനതയിലേക്ക് അവയെ കച്ചവട സംഘങ്ങൾ എത്തിച്ചു കൊടുത്തു അവയെ എഴുതി കൊടുക്കുന്നവൻ ആവശ്യമായിട്ട് അശു കൊടുത്ത് മാത്രമായി ഒരു ഗുമസ്തനായി തീർന്നു ചികിത്സാശാസ്ത്രത്തെ ബന്ധനങ്ങളുടെ പട്ടികയിൽ കൊണ്ടുപോയപ്പോൾ ഗവേഷണമെന്നത് അൽപജ്ഞന്റെ കയ്യിലെ കച്ചവട സാധ്യത മാത്രമായി മാറി എവിടെയെങ്കിലും ഞാൻ പദം കുറയ്ക്കണമെങ്കിൽ പറയാം ഒരു നല്ല കമ്പ്യൂട്ടറിൽ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ആ സാനത്ത് വീണ്ടും ഉണരുകൊണ്ടുവരാം കാരണം വൈറസും അമിതയൊക്കെ മാറ്റിയെന്ന് പറയുന്നത് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഇത്രയും പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി പറയുന്നത് നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ കല്ലടിച്ച് കാരണം വൈറസും അമിതയെന്നും ബാക്ടീരിയം എന്നും പറയുന്നത് അമിനോമളമാണ് അമിനോമളമാണ് ഏ അമിനോമളത്തിൻ്റെ ഏത് രൂപവും പ്രകൃതിക്ക് സ്വയം ഉണ്ടാക്കാനും പ്രകൃതിക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു ഗവേഷനായകൻ അവൻ്റെ ലാബോറട്ടറിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നതുമാണ് ഇറാഡിക്കേറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അമേരിക്കയുടെയും ഇംഗ്ലണ്ടിൻ്റെയും ഒക്കെ ഗവേഷണ കലവറകളിൽ ഈ സ്മോൾ സ്മോൾ അമിനോ അമലങ്ങൾ അതിസുരക്ഷിതമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഏത് കാലത്തും യുദ്ധോത്സാഹത്തോടെ എടുത്ത് പെരുമാറാൻ ഭാഗത്തിന് എന്നിരിക്കെ ആര് ഇറാഡിക്കേറ്റ് ചെയ്തുവെന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് മനസ്സിലായില്ല വിദ്യാഭ്യാസമില്ലാത്തൊരു ജനതയെ പറ്റിക്കുന്നത് കൊണ്ട് നിങ്ങൾ വിദ്യാഭ്യാസമുള്ള കുട്ടികൾ പോലും ഇങ്ങനെ ധരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഏത് നാട്ടിലാണ് പഠിച്ചത് എത്രയാണ് നിങ്ങളുടെ വിദ്യാഭ്യാസം എന്ത് പരീക്ഷയാണ് നിങ്ങൾ എഴുതിയത് നിങ്ങൾക്ക് നേരെ നിങ്ങൾ വല്ലിക്കുന്നതിന് തുല്യമാവില്ലേ ക്ലിയറണോ ഞാൻ പറഞ്ഞോളൂ തെറ്റുണ്ടോ ഇതിനെ വേർതിരിക്കാനും അവനോ ആളങ്ങളെ കൂട്ടിയോജിപ്പിക്കുവാനും ഏതു തരം കലകളും കലനങ്ങളും രൂപാന്തരപ്പെടുത്തുവാനും ഗണിതശാസ്ത്രത്തിൻ്റെ യുക്തികൾ നന്നായി അറിയുന്നവൻ്റെ ഒരുവൻ്റെ കയ്യിലേക്ക് ജീവശാസ്ത്രത്തിന്റെയും രസതന്ത്രത്തിന്റെയും മൗലിക പ്രാധാന്യമുള്ള ഘട്ടങ്ങളെ യോജിപ്പിക്കാനും ഉപയോഗിക്കുവാനും കഴിയുമെങ്കിൽ ഏത് വൈറസിനെയാണ് സൃഷ്ടിക്കാൻ പറ്റാത്തത് ഡബ്ല്യു എച്ച്ഒ നിങ്ങളെ പഠിച്ചിരിക്കുന്നു കുറച്ചുകൂടെ മനസ്സിലായില്ല കൂട്ടുകാരോടൊക്കെ പറഞ്ഞുകൊടുക്ക എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ ഞാൻ വേണുഗോപാൽ വേണുഗോപാൽ കിഡ്നിക്ക് സ്റ്റോണുമായിട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തതാണ് അവിടെ വെച്ചാണ് ചിക്കൻ ബോക്സ് തോന്നുന്നത് കൂടുതലായി വളരെ കൂടുതലായി ഇപ്പൊ ചിക്കൻ ബോക്സ് മാറി അയാളെ ഐ സിയുൽ സ്റ്റോൺ പ്രമാണിച്ച് വളരെ കൂടുതലായോണ്ട് ഐ സിയു കിടക്കുന്നത് ചിക്കൻ ബോക്സ് ഉണ്ട് ഡോക്ടർമാർ ഒന്ന് കണ്ട് മരുന്നോ കൊടുത്തുകൊണ്ടിരുന്നു ഇപ്പൊ മാറാൻ തുടങ്ങിയ സമയത്ത് അയാളെ ഫൈനലായിട്ട് മുഴുവൻ പുറത്തു വന്ന് വാർഡിലേക്ക് മാറ്റി ഇനി എട്ട് ദിവസത്തേക്ക് ഡോക്ടർമാരവിടെ കയറി വരാം മരുന്നൊന്നുമില്ല ട്രിപ്പ് മാത്രമാണ് കൊടുത്തോണ്ടിരുന്നത് ഇനി എട്ട് ദിവസത്തേക്ക് ഞങ്ങൾ നോക്കുകയില്ല എട്ടു ദിവസം കഴിയണം അതുവരെ ഇവിടെ കിടക്കണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായില്ല എന്ത് മരുന്നാണ് ഇപ്പൊ കൊടുക്കുന്നത് നാട്ടിലോ ചിക്കൻ ബോക്സിന് സ്മോൾ ബോക്സ് ഇറാഡിക്കേറ്റ് ചെയ്തു തോന്ന പൂർണമായ സ്മോൾ ബോക്സിന്റെ ലക്ഷണം കാണുകയും ലാബോറട്ടറിയിൽ പരിശോധിക്കുകയും ചെയ്താൽ ഡി എംഒ ലൈസൻസ് കട്ട് സ്മോൾ പോക്സ് ഒന്നും എഴുതാൻ പാടില്ല കാരണം ആ ഡബ്ല്യു എച്ച്ഒ ഇറാഡിക്കേറ്റ് ചെയ്തതാണ് ഇങ്ങനെയാണോ ഇറാഡിക്കേറ്റ് ചെയ്യുന്നത് മനസ്സിലായില്ല മനസിലായില്ല ഇറാഡിക്കേറ്റ് ചെയ്തതിന്റെ അനന്തരഫലമായിരിക്കുമോ ഇത്രയധികം ഹർപ്പിസ്റ്റോസ്റ്റർ എസ് എസ് പി കൊണ്ട് വളയ വളയുന്ന കുട്ടികളുടെ എണ്ണം വളരെ കൂടി വരുന്നു മുമ്പ് കണ്ടിരുന്നില്ല ശാസ്ത്രമാണ് ഗവേഷണമാണ് ഒട്ടേറെ പേരുടെ തൊഴിലാണ് ഒട്ടേറെ ഒരു രംഗമാണ് ഒട്ടേറെ ടാക്സിന്റെയും ഗവൺമെന്റുകളുടെ നിലനിൽപ്പിന്റെയും പ്രശ്നമാണ് അതൊക്കെ എനിക്ക് മനസ്സിലാവും മനസ്സിലായില്ല ഞാനും നിങ്ങളൊക്കെ ഇന്ന് സുഖമായി ഇങ്ങനെ ജീവിക്കുന്നത് ഇതൊക്കെ ഉള്ളത് അതൊക്കെ പറഞ്ഞ എനിക്കും മനസ്സിലാവും പക്ഷെ അതിനെ ആ വഴിക്ക് കൊണ്ടുപോകും അതിനേ വഴി തന്നെ പറയണം കാരണം ആശുപത്രികളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇത്രയധികം ആശുപത്രികളൊക്കെ ഉള്ളത് കൊണ്ടാണ് മനുഷ്യർ ഒരുമാറ്റം ജീവിക്കുന്നത് അതിന്റെ പഴ പടിയെ പെട്ടിക്കണതാ അപ്പുറത്ത് തുണി അടക്കാം അപ്പുറത്ത് ബെഡ് വിൽക്കാം മനസ്സിലായില്ല അവിടുന്ന് ഇറങ്ങിപ്പോകുന്നവന് കാശില്ലാതായ റിയൽ എസ്റ്റേറ്റിൽ തുടങ്ങാം കാരണം അവിടെ ഇടയ്ക്കാൻ പടമില്ലാതെ വരുമ്പോൾ അപ്പുറത്ത് ഒരു റിയൽ എസ്റ്റേറ്റിന്റെ ബോർഡ് വെച്ച് കഴിഞ്ഞാൽ വിഴുതന ഓടി എൻ്റെ പത്ത് സെൻറ് സ്ഥലം പറയും നാലു പേർക്ക് ജീവിക്കാം മനസ്സിലായില്ല ആയിരം നഴ്സുമാർക്ക് തൊഴിലാവും അഞ്ഞൂറ് സ്ലീപ്പർ ഉണ്ടാവും നാല് ക്യാൻ്റീൻ ഉണ്ടാവും കാൻറ്റീനിലുള്ള പിള്ളേർക്ക് ജോലിയാവും അവിടെ അരി കൊടുക്കുന്നവനൊരു പണിയാവും മനസ്സിലായില്ല ഇതൊക്കെ ഞാൻ നിങ്ങളൊക്കെ പറഞ്ഞാൽ അത് ശരിയാണ് ആ അത്രയും സാമ്പത്തികമായ ഉയർച്ചയും ഉത്കർഷവും ഇത്ര ലക്ഷക്കണക്കിന് രോഗികളെ സൃഷ്ടിച്ചെടുക്കുന്നതിൻ്റെ ഫലമായി ഒട്ടേറെ പേർ സുഖമായി ജീവിക്കുന്നുണ്ട് കുറെ പേർ നേരത്തെ ചത്തുപോകുന്നുണ്ട് ബാക്കിയുള്ളവർക്കെങ്കിലും സുഖമായി ജീവിക്കണ്ടേ സ്വാമി അതുകൊണ്ട് ഇതൊക്കെ അത്യന്താപേക്ഷിതമല്ലേ ഇതൊരു സാമ്പത്തിക സ്റ്റാറ്റസ് അല്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും എതിർക്കില്ല പക്ഷെ അത് വൈദ്യശാസ്ത്രമാണ് എന്ന് പറയുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കുന്നവയി അച്ചടക്കത്തോടുകൂടി കീഴ് നിന്ന് ഒരു ലാർജ് മേടിച്ച് വിഴുകുമ്പോഴാണ് നമുക്ക് പെട്രോൾ ഈ വിലയ്ക്ക് മേടിക്കാൻ പറ്റുന്നത് മനുഷ്യന് അച്ചടക്കത്തോടുകൂടി കിഴു നിക്കുന്നതേ ബാറിന്റെ മുമ്പിലാ ഗവൺമെന്റിന്റെ ഭാവം ആ അത് ഇതുവരെ സാമ്പത്തിക ദരശന അറിയില്ല അതാ അവനടിക്കുന്ന പെട്രോളാണ് നമ്മുടെ പെട്രോളിന് വില കുറയ്ക്കുന്നത് മനസ്സിലായില്ലേ അത് ജി ഒക്കെ എടുത്ത് കണക്ക് സാമ്പത്തിക ശാസ്ത്രം പഠിക്കണം ഹോമിയോപ്പതി പഠിച്ചാൽ പോരാ എക്കണോമിക്സ് പഠിക്കണം എക്കണോമിക് അനാലിസിസ് അതുകൊണ്ട് അതുകൊണ്ട് ആ പ്രയോജനമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് സമ്മതമാണ് ഈ പണിയെടുക്കുന്നവനെ കൊണ്ടല്ല ആരെ കൊണ്ടാ പഠിപ്പിക്കുക കല്യാണാവിലേക്ക് ഇത്രയും പൈസ വരുന്നതുകൊണ്ടാണ് പെൻഷൻ കിട്ടുന്നത് കലനാവിധി ഇങ്ങനെ വരുന്ന പണം അവിടെ കിടക്കുന്നതുകൊണ്ടാണ് പോയി കത്തലേ കയറിയിരുന്ന് വൈകുന്നേരം വരെ പഠിപ്പിക്കുക അത് ഇറങ്ങിപ്പോൾ ശമ്പളവും പ്രൗഢവും കണ്ട് ഗ്രാജുവേറ്റ് ചെയ്ത് കിട്ടുന്നത് അവൻ്റെ കരട് ചുട്ട് ആണ് നമ്മള് സൂക്ഷിക്കുന്നത് അത് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും എനിക്ക് നമ്മതോ വിരോധവും ഇല്ല പക്ഷെ അവനെ നന്നാക്കിയാണ് നമ്മൾ ഇത് കൊടുത്തത് എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു വിഷയ സർക്കിളാണ് ചാക്രിക വിഷയ സർക്കിൾ എന്നുള്ളതിന്റെ മലയാള പറഞ്ഞു ഒന്നുകൊണ്ട് മറ്റേത് സൂക്ഷിക്കുക അതുകൊണ്ട് ആദ്യത്തെ സൂക്ഷിക്കുക ഇങ്ങനെയല്ല ശാസ്ത്രം വികസിച്ചത് ശാസ്ത്രം വികസിക്കുന്നത് പരസ്യമായും ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വിരചിച്ചുമാണ് ഇന്ന് ശാസ്ത്രമെന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കുന്നവൻ അജ്ഞാതമാണ് ശരിയല്ല അത് പഠിപ്പിക്കുന്നവൻ്റെ കയ്യിൽ ഗവേഷകന്റെ പേപ്പറിലിരിക്കുന്നതാണ് മനസ്സിലല്ല അത് വിൽക്കാൻ നടക്കുന്ന പരസ്യക്കാരൻ എന്താണെന്ന് അറിയാത്തതാണ് അത് എടുത്തു കൊടുക്കാൻ പോകുന്ന ടെക്നീഷ്യൻ മനസ്സിലാകാത്തതാണ് അപ്പൊ ഏതോ ഇല്ലാത്ത ഒരു സാധനം ഇരുട്ടത്തെ കറുത്ത പോലെ ആരുടെയോ ഗവേഷണ ഫലമായി എവിടെയോ ഇരുപൊട്ടെന്ന് പറഞ്ഞ് അതിനെ ചൂണ്ടിക്കാണിച്ച് സ്വപ്നത്തിലൂടെ വയ്ക്കുന്ന ശാസ്ത്രത്തിനാണ് നിങ്ങൾ ശാസ്ത്രമെന്ന് വേരിട്ട് വിളിക്കുന്നത് നിങ്ങക്ക് മനസ്സിലാകാത്തതും നിങ്ങൾക്കറിയാത്തതും എവിടെയോ ആരുടെയോ കയ്യിൽ നിങ്ങൾ വിശ്വസിക്കുന്നതും അതിനെ കുറിച്ച് നിങ്ങൾക്കറിയില്ലെങ്കിലും ഉണ്ട് എന്നുള്ള ഉറപ്പാണെന്ന് പറയുന്നതുമായ ഒരു സാധനം ഏതോ ഗുഹയിൽ എവിടെയോ ഒളിച്ചു വച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് നടത്തുന്ന കച്ചവട വാദങ്ങളുടെ ശാസ്ത്രം ഞാൻ വിളിച്ചു പറയുന്നു ശരിയല്ല എനിക്കത് എന്താണെന്ന് അറിയില്ല എന്റെ ഗവക്ഷിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെയല്ല ഇത് വളർന്നത് ഇതിന്റെ ഫാർമസി ഫാർമകൗഡിനോസി ഫാർമ കോളജി സസ്യപരിചായകം ഔഷധ നിർമ്മാണം സസ്യങ്ങളുടെ ആവാസ വ്യവസ്ഥ ഇതെല്ലാം ജനജീവിതത്തിന്റെ ഭാഗമായിരുന്നു അതിന്റെ വർഗീകരണം അതിന്റെ ഉപയുക്തങ്ങളായ അംശങ്ങൾ ഗ്രാഹ്യപാദ ഗ്രാഖ്യാംശം അതിന്റെ വിവിധങ്ങളായ മാനങ്ങൾ പൊതുവിലായിരുന്ന കാലത്ത് അച്ഛൻ മകനും മകൻ മകന്റെ മകനും ആ കുടുംബത്തിന്റെ ആവശ്യത്തിനായി ഉപയുക്തമാകുമാർ പറഞ്ഞുകൊടുക്കുകയും പഠിപ്പിക്കുകയും നിത്യോപയോഗത്തിലിരിക്കുകയും ചെയ്ത കാലങ്ങളിലൂടെ ആരോഗ്യം ഉണ്ടായിരുന്നു അതിനെ സാർവലൗകികതയിൽ നിന്ന് മാറ്റുകയും മാതൃകയിൽ രൂപപ്പെടുത്തുകയും ചെയ്തതോടുകൂടിയാണ് ഇത്രയധികം രോഗങ്ങളും ഇത്രയധികം പ്രശ്നങ്ങളും സംജാരിതമായതെന്ന് ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ബോധ്യമാവും അതാണ് തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ട് ക്യാൻസറിനെ പലതരത്തിൽ അവർ വർഗീകരിച്ചിരുന്നു അതിലൊന്നാണ് വായിലെ അർഭുതം വളരെ അപൂർവമായി പണ്ട് ഇപ്പോൾ വളരെ കൂടുതൽ കാണുന്നതാണ് ക്യാൻസർ വന്നാൽ അതിന്റെ കാരണങ്ങൾ ഓരോ സാധനത്തിന് ഏൽപ്പിച്ചു കൊടുത്ത് കഠിനപ്പോൾ ശ്രമിക്കുകയാണ് പല പലപ്പോഴും ആ ഇപ്പൊ പുകയിലെയാണ് അതിന്റെ മില്ലനായി പറയുന്നത് പക്ഷെ പുകയിലെ ഉപയോഗിക്കാത്തവർ വരുമ്പോൾ അച്ഛൻ ഉപയോഗിച്ചിട്ടുണ്ടോന്നേരിക്കും അച്ഛനും അമ്മയും ഉപയോഗിച്ചിട്ടില്ല പാരമ്പര്യത്തിലെ പുകയില ഉപയോഗിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ ഐരോഗ്യംകാരൻ ഉപയോഗിച്ചെങ്കിൽ അതിന്റെ മണം വന്നിട്ടാണെന്ന് പറയും അപ്പയും പറയാണ് ഇത് മുമ്പ് പുകയില മാത്രം തിന്ന കാലങ്ങളിൽ വന്നില്ലെന്ന് പറഞ്ഞാൽ വലിക്കാതിരിക്കുന്ന നല്ലതാണ് ഒരു ദു ദുർഗുണമാണ് വലിക്കുക അതിന്റെ വലു നിർത്തണം ക്യാൻസർ വരും എന്ന് പറഞ്ഞുകൊണ്ട് പേടിപ്പിച്ച് നിർത്തരുത് കാരണം ക്യാൻസറിനെ ഭയക്കുമ്പോൾ തന്നെ കോശങ്ങളിൽ വിഷകലകൾ രൂപാന്തരപ്പെടുന്നു അതുകൊണ്ട് ക്യാൻസറിനെ ഭയക്കുന്ന ഏത് ഔഷ ഏത് ഔഷധത്തിന്റെയും ഏത് വസ്തുവിന്റെയും പേരിൽ ക്യാൻസറിനെ നിങ്ങൾ ഭയക്കാൻ തുടങ്ങുമ്പോഴും നിങ്ങളുടെ മസ്തിഷ്കം ക്യാൻസറിനെ സ്വീകരിച്ച് പളകിയിട്ടിരുന്നതാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ഒരു വസ്തു ക്യാൻസറോജനിക്കല്ല നമ്മൾ നേരത്തെ പറഞ്ഞതാണെന്നാണല്ലോ ഒരു വസ്തുവും ക്യാൻസറോജനിക്കല്ല അല്ല ഒരു വസ്തുവും ക്യാൻസറോജനിക്കല്ല എല്ലാ വസ്തുവും നിങ്ങൾ സ്വീകരിച്ചിരുത്തിയാൽ ക്യാൻസറോജനിക്ക പുരുഷന്റെ ബീജം ക്യാൻസർക്കാണെന്നാണ് സ്ത്രീ സ്ത്രീയെ വിവാഹം കഴിച്ചാണെന്നാണ് ഏറ്റവും കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ് സ്ത്രീയുടെ സഭവും ശ്രമവും രണ്ടും ക്യാൻസറോജനിക്കാൻ സാധ്യതയുണ്ട് ഒരു സ്ത്രീയിൽ നിന്ന് മറ്റൊരു സ്ത്രീലേക്ക് എത്തിച്ചാൽ എന്നാണ് മറ്റൊരു കണ്ടെത്തൽ ബഹുഭാഗ്യത്വമുള്ള പുരുഷന്മാർ അനേകം സ്ത്രീകളോട് ഇടപഴകുന്നവരും സ്വന്തം വീട്ടിൽ ക്യാൻസർ ഉണ്ടാക്കുന്നവരാണ് അതുകൊണ്ട് പുരുഷനെ നിയന്ത്രിച്ചും മര്യാദയും കൊണ്ടുപോകണമെന്നാണ് മറ്റൊരു സ്റ്റാറ്റിസ്റ്റിക്സെന്നോബിയ നിങ്ങളിൽ ഉണ്ടാക്കാൻ പര്യാപ്തമാണ് ഞാൻ എടുത്തതാണ് നേരത്തെ നയിക്കുന്നത് അല്ല ക്യാൻസർ മസ്തിഷ്കമാദ്യം ഭയത്തെ ഉണ്ടാക്കുകയും അതിനനുഗുണമായി പാറ്റോസൈറ്റ് ത്വരിതപ്പെടുകയും അതിനനുഗുണമായി സൈറ്റോളജിയിൽ സൈക്കോപ്ലാസ്തം കോശദ്രോചനയിൽ പങ്കുവഹിക്കുകയും കോശത്തിന്റെ ക്രമഭംഗങ്ങളെ താഴുമാറാക്കുകയും ചെയ്യുമ്പോൾ ക്യാൻസർ ഉണ്ടാക്കുന്നുവെന്ന് മിതമായ ഭാഷയിൽ നമ്മൾ നേരത്തെ പഠിച്ചതാണ് അതുകൊണ്ട് ഇതൊരു കോശഗൂഢാലോചനയാണ് വാർദ്ധക്യത്തിന്റെ ആഗമനമാണ് വായിലെ കോശങ്ങൾക്ക് വാർദ്ധക്യം വരുവാൻ കാരണങ്ങളായിരിക്കുന്നതായ സ്വഭാവ സവിശേഷതകളെ മാറ്റിയാൽ തടയാവുന്നതാണ് വന്നാനുള്ള മരുന്നുകൾ പുത്രഞ്ചാരി പുത്രഞ്ചാരി കണ്ടിട്ടുണ്ടോ ഇല്ല മതിലുകളിലൊക്കെ പൂപ്പൽ പിടിച്ച് കഴിയുമ്പോൾ മീളത്തിൽ കറുത്ത ഒരു കണ്ടും സൈഡിൽ സാധനം ഉണ്ടാവും അതല്ല ഇങ്ങനെ പിടിക്കുന്നതല്ല ഒരു ഇങ്ങനൊരു കറുത്ത തണ്ടില് നല്ല കറുപ്പുള്ള തണ്ടില് ഇലകൾ രണ്ട് സൈഡിലായി ക്രമമായി വിന്യസിച്ചിട്ടുള്ള ഒരു സാധനമാണ് പുത്രഞ്ചരി കുരിങ്ങിയുടെ കഞ്ഞുണ്ണി ഇവിടെ കയ്യന്യം കൈതോന്നി രണ്ടുപേരും പറയും കറിവേപ്പിൻ്റെ തോല് വയൽ ക്യാൻസർ വരാതിരിക്കാൻ ഏറ്റവും നല്ല സാധനങ്ങളിൽ ഒന്ന് കറിവേപ്പിലെയാണ് പഴയകാലത്ത് ഭക്ഷണത്തിലൊക്കെ അത് ഉപയോഗിക്കുന്നത് വായിക്ക് രുചിക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ രുചക വാഹികളായിരിക്കുന്ന സ്രോതസ്സുകളെ ശുദ്ധി മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും ആ കോശങ്ങൾക്ക് വാർദ്ധക്യം വരാതിരിക്കുന്നതിനും വേണ്ടിയാണ് കറിവേപ്പിൻ്റെ തോല് ഇവയുടെ നീര് പുത്രഞ്ചാരിയുടെ നീര് കഞ്ഞുണ്ണിയുടെ നീര് കറിവേപ്പിൻ തോലിന്റെ നീര് ചുക്ക് മുളക് തിപ്പരി തിപ്പരി ചുക്ക കുരുമുളക് തിപ്പരി പൊടിച്ചിട്ട് ഇതിൽ ചേർക്കുക ഈ നീരിനകത്ത് ചേർക്കുക ചെറുനാരങ്ങായുടെ നീര് ഇഞ്ചിയുടെ നീര് കൂറൽ കളഞ്ഞ് ഇഞ്ചി നീരെടുത്ത ഒരു സൈഡിൽ ഊറൽ കളയണം അടിയിൽ അതും ഇതിന്റെ കൂടെ ചേർക്കുക ഊറൽ കളയണം ഊറൽ ഊറലാണ് കളയുന്നത് അല്ലാത്തതിന് ഊറൽ കളയുകയും ചെയ്ത ഇഞ്ചിയിലെ ഊറൽ കളഞ്ഞാണ് മരുന്നിനെ പലപ്പോഴും എടുക്കുന്നത് പഞ്ചസാരയും ചേർത്ത് വയ്ക്കുന്നതിൽ ഊറൽ മാറ്റിയിട്ടാണ് ആ തെളിയിട്ട് വെക്കുന്നത് അത് വെച്ചായപ്പോ ചോദിച്ചേ അടിയ അടി കിടക്കുന്നതിനാണ് ഊറൽ എന്ന് പറയുന്നത് ആ സിമെന്റ് പോരത് നല്ല കെട്ടിയത് അത് കളഞ്ഞ് തേനും ചേർത്ത് കവിൾ വായ പൊട്ടുക വായിൽ അൾസറുകൾ ഉണ്ടാവുക വരിക പല്ലിൻ്റെ ഇടകൾ വ്രണങ്ങൾ ഇവയൊക്കെ വരുമ്പോഴേ നേരത്തെ സൂക്ഷിച്ച് പഴയ അമ്മമാർ ഇതെടുത്ത് കവിൾക്കൊള്ളിക്കുക നല്ല മാവിലെ കൊണ്ട് പല്ലുതേൽപ്പിക്കുക ചെയ്യും ഒരാഴ്ച കൊണ്ട് അങ്ങനെ മാറാത്ത വിധം വ്രണങ്ങൾ ഉണ്ടാവുകയും മോണയിലോ നാക്കിലോ വ്രണങ്ങൾ സാധാരണഗതിയിൽ ചമ്മ വീട്ടുമുറ്റത്തുള്ള മാവിന്റെ ഇല പുളിനീർ കൂട് കെട്ടി കിടക്കുന്നതാണ് പുളിനീറിന്റെ കൂടുക മനസ്സിലായില്ല നീർ മിസർ ആ നിങ്ങള് മിസറെങ്കിൽ മിസറ് നീറെങ്കിൽ ആ കൂടിങ്ങി പൊളിച്ചെടുക്കും ആ ഉറുമ്പിനെ പതുക്കെ തട്ടി ഓടിച്ചിട്ട് ആ മുട്ടയുള്ള കൂടിങ്ങിയെടുക്കും അതിനകത്ത് മുട്ടയുണ്ടാവും മനസ്സിലായില്ല അത് എടുക്കുമ്പോ നോക്കും പച്ച നിറത്തിൽ ചിറവുള്ളവർ കുട്ടിത്തേവാൻ കരുതി കാണും അതിനെയും ഇറക്കി വിടും പയ്യെ ഒരു വലിയ എന്നിട്ട് ആ മുട്ടയോടുകൂടിയ കൂടെ എടുത്ത് ചവച്ച് അത് കൗളാൻ ആ ഇലയും മുട്ടയും എല്ലാം സൈഡം ചവച്ച് കൗളി തുപ്പാൻ വായക്കുഴുവൻ കൊള്ളും കംപ്ലീറ്റ് കൊള്ളും അത് കഴിഞ്ഞ് തേൻ കവിൾ കൊണ്ടു തുടങ്ങിയ ആ കോശങ്ങൾക്ക് അത്രയും കോശങ്ങൾക്ക് അതായത് ക്യാൻസർ ബാധിത കോശങ്ങൾക്ക് മാത്രം നാശം ഉണ്ടാവുകയും ബാക്കിയുള്ളവ നശിക്കാതിരിക്കുകയും രോഗം പൂർണ്ണമായി സുഖപ്പെടുകയും ചെയ്യുക പിന്നെ കുറച്ചുകൂടെ കൂടിയമ്മമാരാണെങ്കിൽ മുട്ടയോ ഈ പറഞ്ഞ കുളിനീരിൻ്റെ മുട്ടയോ അതും അല്ലെങ്കിൽ കുളിനീരിന്റെ പൃഷ്ഠഭാഗമോ ഒഴിച്ചെടുത്ത് കൃത്യമായി ആ വെളുപ്പുള്ളതായ വ്രണത്തിനകത്തേക്ക് വെച്ചു അത് ഏതാണ്ട് ചിലപ്പോൾ ഒരു ഇഞ്ച് വരെ ആഴമുള്ള ഒരു ദ്വാരമായി മാറും പിന്നെ അതിനെ തേനെ വ്രണരോപണ പദാർത്ഥങ്ങൾ കൊണ്ട് കവിൾ കൊണ്ടെത്തും അതായത് ഗുൻഗുരു തിക്തക ഘൃതം മുതലായവ കൊണ്ട് കളി കൗൾ കൊണ്ട് ജാത്യാദി തൈലം ഇവയുള്ള കൊണ്ട് കൗൾ കൊണ്ട് ആ വ്രണത്തെ നികത്തിയെടുത്ത് രോഗത്തെ മാറ്റി വളരെ സിമ്പിളാണ് പ്രോസസ് കൗൾ കൊള്ളാനല്ലേ വായിൽ കൊള്ളാവുന്നിടത്തോളം അതിനും വായിൽ കൊള്ളാനാണ് കവിൾ കൊള്ളാൻ വേണ്ടി മാത്രമാണ് കുടിക്കാനല്ല കഴിക്കാനല്ല അതുകൊണ്ട് നിങ്ങളുടെ കൗളിൻ്റെ വലിപ്പം അനുസരിച്ചെടുക്കാം പല പ്രാവശ്യം ചെയ്യണം